യൂണിറ്റ് എന്തോ വലിയ ആലോചനയിൽ മുഴുകിയിരിക്കുന്നല്ലോ എന്താണ് കടലാസ് കഷ്ണം നല്ല പ്രേമലേഖനവുമാണ് അതെ അതെ വായിച്ചു നോക്കൂ റബ്ബർ ബോർഡിൽ നിന്നാണ് ഈ ഇരുപത്തെട്ടാം തീയതി പതിനൊന്ന് മണിക്ക് സർട്ടിഫിക്കറ്റുകൾ സഹിതം അവിടെ ഹാജരാകണം പോലും അതൊരു നല്ല കാര്യമല്ലേ അതിനിത്ര വലിയ ആലോചനയൊക്കെ വേണം ഇരുപത്തെട്ടാം തീയതി രാവിലെ എണീറ്റ് കുളിച്ചുതൊഴുത് അച്ഛനെയും കൂട്ടി കോട്ടയത്തേക്ക് തിരിക്കണം രമണി ചേച്ചി എന്തെളുപ്പത്തിൽ പരിപാടി നിശ്ചയിച്ചു കളഞ്ഞു പോയി പോയി ഞാൻ മടുത്തു കഴിഞ്ഞു ഇത് ഒൻപതാമത്തെ ഇന്റർവ്യൂ ആണ് എനിക്ക് വയ്യ അങ്ങനെ പറഞ്ഞ് ഇതിനു പോകാതെ ഇരിക്കാൻ പറ്റുമോ ശ്രമിച്ചു നോക്കണം അത്ര വേഗം നിരാശപ്പെട്ടുകൂടാ അന്നേ ഞാൻ നിനക്ക് എന്റെ കഥയൊക്കെ പറഞ്ഞു നിന്നില്ലേ കിടപ്പാടം വരെ വിറ്റ് അച്ഛൻ എന്നെ പഠിപ്പിച്ചു ഇനിയും താഴെ മൂന്നുപേരില്ലേ അവർക്കും ജീവിക്കണ്ടേ എല്ലാവരുടെയും പ്രതീക്ഷ എന്നിലാണ് അതൊക്കെ ശരി ശാന്തെ പക്ഷെ ജോലി കിട്ടാതെ നീ എന്തു ചെയ്യും പതിനെട്ട് ഇന്റർവ്യൂവിന് പോയി അതിലേറെ ടെസ്റ്റുകൾ എഴുതിയിട്ടും ജോലി കിട്ടാതെ പത്തൊമ്പതാമത്തെ ഇന്റർവ്യൂവിനും എനിക്ക് പോകേണ്ടി വന്നില്ലേ അപ്പോഴേ എന്റെ ഭാഗ്യവും തെളിഞ്ഞുള്ളൂ നിനക്ക് ഇത് ഒൻപതാമത്തെ ഇന്റർവ്യൂ മാത്രമല്ലേ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് പോകാൻ അമ്മയുടെ താലിമിന് പോലും വിറ്റു ഓരോ ഇന്റർവ്യൂവിനും ഓരോന്ന് വിൽക്കും നാലു വർഷമായി ഈ പതിവ് നടന്നു വരുന്നു ഇനി കുറെ മനുഷ്യരല്ലാതെ ഇവിടെ ഒന്നുമില്ല വിൽക്കാൻ വെറുതെ ഇങ്ങനെ പുലമ്പിട്ട് പ്രയോജനമൊന്നുമില്ല എല്ലാ വീട്ടിലും മൂത്ത കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ ചുമതല കാണും നമ്മൾ അത് സഹിച്ചേ തീരൂ നമ്മുടെ നാട്ടിന്റെ സ്ഥിതി ഒക്കെ മെച്ചപ്പെട്ടു വരുന്നല്ലേയുള്ളൂ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് എല്ലാം ശരിയാകും ഇത്ര പ്രയാസം കാണില്ല അപ്പോൾ അത് ചേച്ചിയുടെ തോന്നലാണ് എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിലെ അഴിമതിയും ൈക്കൂലിയും എല്ലാം വർദ്ധിച്ചു വരികയേ ഉള്ളൂ ഒരു കാലത്തും അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ആലോചിക്കാതെ എന്തെങ്കിലും പറഞ്ഞുവിടും ഈ സ്വഭാവം ഒന്ന് നിർത്തിക്കൂടെ ഇളയ പിള്ളേർക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കാൻ നീയല്ലേ ഉള്ളൂ നമ്മുടെ കഴിവനുസരിച്ച് ശ്രമിച്ചു നോക്കണം ബാക്കിയെല്ലാം ദൈവത്തിന് വിടൂ അദ്ദേഹം നമ്മെ സഹായിക്കാതിരിക്കില്ല എന്തോ വലിയ ആലോചനയിൽ മുഴുകിയിരിക്കുന്നല്ലോ എന്തോ വലിയ ആലോചനയിൽ മുഴുകിയിരിക്കുന്നല്ലോ എന്താണ് കടലാസു കഷ്ണം എന്താണ് കടലാസു കഷ്ണം വല്ല പ്രേമലേഖനവുമാണോ ണിക്ക് സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ ഇരുപത്തെട്ടാം തീയതി പതിനൊന്ന് മണിക്ക് സർട്ടിഫിക്കറ്റുകൾ സഹിതം അവിടെ ഹാജരാകണം പോലും അവിടെ ഹാജരാകണം പോലും അതൊരു നല്ല കാര്യമല്ലേ അതൊരു നല്ല കാര്യമല്ലേ അതിന് ഇത്ര വലിയ ആലോചനയൊക്കെ വേണോ അതിന് ഇത്ര വലിയ ആലോചനയൊക്കെ വേണോ ഇരുപത്തെട്ടാം തീയതി രാവിലെ എണീറ്റ് ഇരുപത്തെട്ടാം തീയതി രാവിലെ എണീറ്റ് കുളിച്ചു തൊഴുത് അച്ഛനെയും കൂട്ടി കുളിച്ചു തൊഴുത് അച്ഛനെയും കൂട്ടി കോട്ടയത്തേക്ക് തിരിക്കണം കോട്ടയത്തേക്ക് തിരിക്കണം രമണി ചേച്ചി എന്ത് എളുപ്പത്തിൽ പരിപാടി നിശ്ചയിച്ചു കളഞ്ഞു രമണി ചേച്ചി എന്തെളുപ്പത്തിൽ പരിപാടി നിശ്ചയിച്ചു കളഞ്ഞു പോയി പോയി ഞാൻ മടുത്തു കഴിഞ്ഞു ഇന്റർവ്യൂവിന് പോയി പോയി ഞാൻ മടുത്തു കഴിഞ്ഞു ഇത് ഒൻപതാമത്തെ ഇന്റർവ്യൂ ആണ് ഇത് ഒൻപതാമത്തെ ഇന്റർവ്യൂ ആണ് എനിക്ക് വയ്യ എനിക്ക് വയ്യ അങ്ങനെ പറഞ്ഞു ഇതിന് പോകാതെ ഇരിക്കാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞു ഇതിന് പോകാതെ ഇരിക്കാൻ പറ്റുമോ ശ്രമിച്ചു നോക്കണം ശ്രമിച്ചു നോക്കണം അത്ര വേഗം നിരാശപ്പെട്ടുകൂടാ അത്ര വേഗം നിരാശപ്പെട്ടുകൂടാ അന്നേ ഞാൻ നിനക്ക് എന്റെ കഥയൊക്കെ പറഞ്ഞു തന്നില്ലേ ഞാൻ നിനക്ക് എന്റെ കഥയൊക്കെ പറഞ്ഞു കിടപ്പാടം വരെ വിറ്റ് അച്ഛൻ എന്നെ പഠിപ്പിച്ചു കിടപ്പാടം വരെ വിറ്റ് അച്ഛൻ എന്നെ പഠിപ്പിച്ചു ഇനിയും താഴെ മൂന്നു പേരില്ലേ ഇനിയും താഴെ മൂന്ന് പേരില്ലേ അവർക്കും ജീവിക്കണ്ടേ അവർക്കും ജീവിക്കണ്ടേ എല്ലാവരുടെയും പ്രതീക്ഷ എന്നിലാണ് എല്ലാവരുടെയും പ്രതീക്ഷ എന്നിലാണ് അതൊക്കെ ശരി ശാന്തേ അതൊക്കെ ശരി ശാന്തെ പക്ഷെ ജോലി കിട്ടാതെ നീ എന്ത് ചെയ്യും പക്ഷെ ജോലി കിട്ടാതെ നീ എന്ത് ചെയ്യും പതിനെട്ട് ഇന്റർവ്യൂവിന് പോയി പതിനെട്ട് ഇന്റർവ്യൂവിന് പോയി അതിലേറെ ടെസ്റ്റുകൾ എഴുതിയിട്ടും ജോലി കിട്ടാതെ അതിലേറെ ടെസ്റ്റുകൾ എഴുതിയിട്ടും ജോലി കിട്ടാതെ പത്തൊമ്പതാമത്തെ ഇന്റർവ്യൂവിനും എനിക്ക് പോകേണ്ടി വന്നില്ലേ പത്തൊമ്പതാമത്തെ ഇന്റർവ്യൂവിനും എനിക്ക് പോകേണ്ടി വന്നില്ലേ അപ്പോഴേ എന്റെ ഭാഗ്യവും തെളിഞ്ഞുള്ളൂ അപ്പോഴേ എന്റെ ഭാഗ്യവും തെളിഞ്ഞുള്ളൂ നിനക്കിത് ഒൻപതാമത്തെ ഇന്റർവ്യൂ മാത്രമല്ലേ നിനക്ക് ഇത് ഒൻപതാമത്തെ ഇന്റർവ്യൂ അതു അതുപോലെ അതോ ഞാനും ചേച്ചിയെ പോലെ പത്തൊൻപത് ഇന്റർവ്യൂവിന് പോണോ അതുപോലെ അതോ ഞാനും ചേച്ചിയെ പോലെ പത്തൊൻപത് ഇന്റർവ്യൂവിന് പോണോ എന്ന് ഞാൻ പറയുമോ എന്ന് ഞാൻ പറയുമോ നീ എന്നേക്കാൾ ഭാഗ്യവതിയാണ് നീ എന്നേക്കാൾ ഭാഗ്യവതിയാണ് അതുകൊണ്ട് നിനക്ക് വേഗം ജോലി കിട്ടും അതുകൊണ്ട് നിനക്ക് വേഗം ജോലി കിട്ടും കഴിഞ്ഞ തവണ വരത്തു പോകാൻ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് പോകാൻ അമ്മയുടെ താലിമിന്നുപോലും വിറ്റു മ്മയുടെ താലിമിന്നുപോലും വിറ്റു ഓരോ ഇന്റർവ്യൂവിനും ഓരോന്ന് വിൽക്കും ഓരോ ഇന്റർവ്യൂവിനും ഓരോന്ന് വിൽക്കും നാലു വർഷമായി ഈ പതിവ് നടന്നു വരുന്നു ർഷമായി ഈ പതിവ് നടന്നു വരുന്നു ഇനി കുറെ മനുഷ്യരല്ലാതെ ഇവിടെ ഒന്നുമില്ല വിൽക്കാൻ ഇനി കുറെ മനുഷ്യരല്ലാതെ ഇവിടെ ഒന്നുമില്ല വിൽക്കാൻ വെറുതെ ഇങ്ങനെ പുലമ്പിട്ട് പ്രയോജനമൊന്നുമില്ല വെറുതെ ഇങ്ങനെ പുലമ്പിയിട്ട് പ്രയോജനമൊന്നുമില്ല എല്ലാ വീട്ടിലും മൂത്ത കുട്ടികൾക്ക് കുറച്ചു കൂടുതൽ ചുമതല കാണും എല്ലാ വീട്ടിലും മൂത്ത കുട്ടികൾക്ക് കുറച്ചു കൂടുതൽ ചുമതല കാണും നമ്മൾ അത് സഹിച്ചേ തീരൂ സഹിച്ചേ തീരൂ നമ്മുടെ നാട്ടിന്റെ സ്ഥിതി ഒക്കെ മെച്ചപ്പെട്ടു വരുന്നല്ലേയുള്ളൂ നമ്മുടെ നാട്ടിന്റെ സ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടു വരുന്നല്ലേയുള്ളൂ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് എല്ലാം ശരിയാകും കുറെ വർഷങ്ങൾ കഴിഞ്ഞ് എല്ലാം ശരിയാകും ഇത്ര പ്രയാസം കാണില്ല അപ്പോൾ ഇത്ര പ്രയാസം കാണില്ല അപ്പോൾ അത് ചേച്ചിയുടെ തോന്നലാണ് അതു ചേച്ചിയുടെ തോന്നലാണ് എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിലെ അഴിമതിയും എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിലെ അഴിമതിയും കൈക്കൂലിയുമെല്ലാം വർധിച്ചു വരികയേ ഉള്ളൂ കൈക്കൂലിയുമെല്ലാം വർധിച്ചു വരികയേ ഉള്ളൂ ഒരു കാലത്തും അതിനൊരു മാറ്റം പോകുന്നില്ല ഒരു കാലത്തും അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ആലോചിക്കാതെ എന്തെങ്കിലും പറഞ്ഞുവിടും